ം പതിനാറ് അവർമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രയേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപെറുത്തു ഇസ്രയേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും എണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈൻ ദേശത്തുവച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്കു വേണ്ടത് അന്നൊന്ന് പിറക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണുമെന്ന് അരുളി ചെയ്തു മോശയും അഹരൂനും ഇസ്രയേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്രൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെയെന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പെറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ പെറുപെറുക്കുവാൻ ഞങ്ങളെന്തള്ളൂ എന്ന് പറഞ്ഞു മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങളറിയും യഹോവയുടെ നേരെ നിങ്ങൾ പെറുവിറുക്കുന്നത് അവൻ കേൾക്കുന്നു ഞങ്ങൾ എന്തുള്ളൂ നിങ്ങളുടെ പെരുവിറുറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെയത്രേ എന്നു പറഞ്ഞു അഹ്രോനോട് മോശ യഹോവിയുടെ മുമ്പാകെ അടുത്തു വരുവിൻ അവൻ നിങ്ങളുടെ പെരുവിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രയേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്നു പറഞ്ഞു അഹ്രോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വാസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പെരുപറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ചു നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നുവെന്ന് നിങ്ങളറിയും എന്നു പറക എന്ന് കൽപ്പിച്ചു വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞ് വീണുകിടന്നു വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിലെല്ലടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രയേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായിക്കയാൽ ഇതെന്ത് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശ അവരോട് ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തന് പക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ താൻ താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കി ഇടങ്ങഴികൊണ്ട് അളന്നപ്പോൾ േറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താൻ തന്നെ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റേ നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേനാളേക്ക് കുറെ ശേഷിപ്പിച്ചു അത് ക്രിമിച്ച് മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈരണ്ടിടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു അവനവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശപത്ത് ചുടുവാനുള്ളത് ചുടുവിൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചുവെപ്പിൻ മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റ നാളയ്ക്ക് സൂക്ഷിച്ചു വെച്ചു അത് നാറിപ്പോയില്ല ക്രിമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പീൻ ഇന്ന് യഹോവയുടെ ശബത്താകുന്നു ഇന്ന് അത് വെളിയിൽ കാണുകയില്ല ആറു ദിവസം നിങ്ങളത് പെറുക്കേണം ശപത്തായ ഏഴാം ദിവസത്തിലോ അത് ഉണ്ടാകയില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറേ കണ്ടില്ല അപ്പോൾ യഹോവ മോശയോട് എന്റെ കൽപ്പനകളും ന്യായ പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ യഹോവ നിങ്ങൾക്ക് ശപത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താൻ താങ്കളുടെ സ്ഥലത്ത് ഏഴാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രയേല്യർ ആ സാധനത്തിന് മഞ്ഞ െന്ന് പേരിട്ടു അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത് ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചുവെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മണ്ണായിട്ട് നിങ്ങളുടെ തലമുറകൾക്കു വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചു കൊള്ളുക പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോനത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചുവച്ചു കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രയേൽ മക്കൾ നാൽപ്പത് സംവത്സരം മഞ്ഞ ഭക്ഷിച്ചു കനാൻ ദേശത്തിന്റെ അതിരിലെത്തുവോളം അവർ മഞ്ഞ ഭക്ഷിച്ചു ഒരു ഇടങ്ങഴി ഓമർ പറ പത്തിലൊന്ന് ആകുന്നു